അജന്താ ഗുഹകൾ ആരുടെ കാലത്തെ ശില്പവിദ്യ വിളിച്ചു ഗുപ്തന്മാർ ആര്യന്മാരുടെ പ്രാചീനവും അതിപ്രധാനവുമായ ഗ്രന്ഥം ഏത് ഋഗ്വേദം കലിംഗ യുദ്ധത്തിൽ മനം ബുദ്ധമതം സ്വീകരിച്ച ചക്രവർത്തി അശോക ചക്രവർത്തി ആദ്യകാവ്യം ഏത് രാമായണം ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി ശതസഹസ്രീ സംഹിത എന്നും ജയസംഹിത എന്നും അറിയപ്പെടുന്ന കൃതി മഹാഭാരതം ഗണിതശാസ്ത്രത്തിൽ ഏറ്റവും പഴക്കമുള്ള ഗ്രന്ഥം ഭഗവത്ഗീതയെ ഇംഗ്ലീഷിലേക്ക് അമീർ ഖുസു ഏത് രാജാവിന്റെ ആസ്ഥാന കവിയായിരുന്നു അലാദ്ദീൻ വർധമാന മഹാവീറിന്റെ ജന്മസ്ഥലം കുണ്ടല ലോദി വംശത്തിലെ അവസാനത്തെ സുൽത്താൻ ഇബ്രാഹിം ലോധി മൌര്യ സാമ്രാജ്യ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൌര്യൻ ബീർബൽ ഏത് രാജാവിന്റെ കാലത്താണ് ജീവിച്ചത് അക്ബർ ദേശീയ പതാകയിലെ അശോകചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട് അഷ്ടദിഗ്ഗജങ്ങൾ ആരുടെ സദസ്നെയാണ് അലങ്കരിച്ചിരുന്നത് ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തൻ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന ആദർശവുമായി ബന്ധപ്പെട്ട വ്യക്തി സുഭാഷ് ചന്ദ്രബോസ് ഗുരുഗോവിന്ദ് സിംഗ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം